അതോ കഷ്ടതയിലായവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുകയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും ചെയ്തവനാണോ അല്ലാഹുസുബഹാനഹുവലയോടൊപ്പം വേറെ ദൈവമുണ്ടോ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ